വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രയേലിന് ന്യായാധിപന്മാരാക്കി അവന്റെ ആദ്യ ജാതന് യോവേൽ എന്നും രണ്ടാമത്തവന് അബിയാവെന്നും പേർ അവർ ബർഷേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു അവന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചുവന്നു ആകെയാൽ ഇസ്രയേൽമുപ്പന്മാർ എല്ലാവരും ഒന്നിച്ചു കൂടി രാമയിൽ ഷമുവേലിന്റെ അടുക്കൽ വന്ന് അവനോട് നീ വൃദ്ധനായിരിക്കുന്നു നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല ആകയാൽ സകല ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമുവേലിന് അനിഷ്ടമായി ശമുവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ ശമുവേലിനോട് അരുളി എന്തെന്നാൽ ജനം നിന്നോട് പറയുന്ന സകലത്തിലുമ്പം അവരുടെ അപേക്ഷ കേൾക്കാം അവർ നിന്നെയല്ല ഞാനവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത് ഞാനവരെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു ആകയാൽ അവരുടെ അപേക്ഷ കേൾക്കാം എങ്കിലും അവരോട് ഖനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കേണ്ട അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച ജനത്തോട് ശമുവേൽ യഹോവിയുടെ വചനങ്ങളെ എല്ലാം അറിയിച്ചു പറഞ്ഞതെന്തെന്നാൽ നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതായിരിക്കും അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരും ആക്കും അവന്റെ രഥങ്ങൾക്ക് മുമുമ്പേ അവർ ഓടേണ്ടിയും വരും അവനവരെ ആയിരത്തിനും അമ്പതിനും അധിപന്മാരാക്കും തന്റെ നിലം കൃഷി ചെയ്യുവാനും തന്റെ വിള കൊയ്യുവാനും തന്റെ പടക്കോപ്പും തേർക്കോപ്പും അവരെ നിയമിക്കും അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരുത്തികളും വെപ്പുകാരുത്തികളും അപ്പക്കാരുത്തികളും ആയിട്ട് എടുക്കും അവൻ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലീവ് തോട്ടങ്ങളും എടുത്ത് തന്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശമെടുത്ത് തന്റെ ഷണ്ണന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തന്റെ വേലയ്ക്ക് ആക്കും അവൻ നിങ്ങളുടെ ആടുകളിൽ പത്തിലൊന്ന് എടുക്കും നിങ്ങളവന് ദാസന്മാരായിത്തീരും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങളന്ന് നിലവിളിക്കും എന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല എന്നാൽ ശമുവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ അല്ല ഞങ്ങൾക്ക് ഒരു രാജാവ് വേണം മറ്റു സകല ജാതികളെയും പോലെ ഞങ്ങളുമാകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണമെന്ന് പറഞ്ഞു ഷമുവേൽ ജനത്തിന്റെ വാക്കെല്ലാം കേട്ട് യഹോവയോട് അറിയിച്ചു യഹോവ ഷമുവേലിനോട് അവരുടെ വാക്കുകേട്ട് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കാം എന്ന് കൽപ്പിച്ചു ഷമുവേൽ ഇസ്രയേലിലോട് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്നു പറഞ്ഞു